ഉപാത്ത ദുരിത പുരുഷൻ സംസ്കൃതം പറയാനി നിത്യാനി നിത്യകർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു ഉപാത്ത ദുരിത നിബർഹണേന ഉപാത്ത സഞ്ചിതമായ ദുരിതം പാപം അതിന്റെ നിബർഹണയെ നശിപ്പിച്ചുകൊണ്ട് പുരുഷൻ ജീവാത്മാവിനെ സംസ്കൃവന്തി സംസ്കരിക്കുന്നു അപ്പോ കർമ്മങ്ങൾ എങ്ങനെയാണ് മനുഷ്യന് ജീവന് ജീവാത്മാവിനെ ശുദ്ധമാക്കുന്നതാണ് പറയുന്നത് അദ്വൈത സിദ്ധാന്തം തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് നിത്യകർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു നിത്യകർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു ദുരിതങ്ങൾ ഉപാത്ത ദുരിതം ജീവിതത്തിൽ ജീവൻ അനാദിയാണ് അപ്പൊ ജീവനിൽ അനാദിയായിട്ടുള്ള പാപമുണ്ട് ഈ പാവം എവിടെയായിരിക്കുന്നത് ജീവനില് അനാദിയായിരിക്കുന്ന ഈ പാപം ജീവന്റെ അന്ധകരണത്തിയിരിക്കുകയാണ് പാപം എന്ന് പറയുന്നത് എന്താണ് സംസ്കാരം സംസ്കാരൂപത്തിൽ വീണ്ടും ഫലം കൊടുക്കാൻ യോഗ്യമായ അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത് അത് സംസ്കാരൂപത്തിൽ അന്ധകരണത്തിരിക്കുന്നു ഈ പാപം ഈ പാവം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് നിഷിബ കർമ്മം ചെയ്യുന്നു കാരണം പറഞ്ഞിപ്പോ മദ്യപിക്കരുതെന്ന് പറയുന്നു പക്ഷെ അവൻ മദ്യപിച്ചു പോകുന്ന എന്തുകൊണ്ട് ഈ സംസ്കാരം എന്ന് പറയുന്നവന്റെ അന്ധക്കരണത്തിരിക്കുന്നോണ്ട് ആ സംസ്കാരം ആ മദ്യപാലം എന്ന് പ്രവൃത്തിയിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്നു പ്രേരിപ്പിച്ചിട്ട് അവൻ എന്തു ചെയ്യുന്നു മദ്യപിക്കുന്നു നിഷിബ്ധകർമ്മാചരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യന്റെ എല്ലാ നിഷിദ്ധം അരുത് പാടില്ല എന്ന് അവൻ വിവേകം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവൻ അവശനായി ചെയ്തു പോകും വിവേകം കൊണ്ട് മദ്യം കുടിക്കരുത് പക്ഷെ അവൻ എന്തു ചെയ്യുന്നു പരവശനായി അവൻ ചെയ്യുന്നു മദ്യം കുടിച്ചു പോകുന്നതിന് കാരണം അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ മദ്യം കുടിക്കുന്നതിന് കാരണമായിരിക്കുന്ന പാപസംസ്കാരമാണ് ഇതിന് പാവം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ടാണ് അതിനെ പാവം എന്ന് പറയാൻ കാരണം ഒന്നത് പാപകർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ് മുൻപ് ചെയ്ത ഏതെങ്കിലും പാപകർമ്മം ചിലപ്പോൾ മുൻപ് ഓരോ ജന്മങ്ങളിലെ പോയെങ്കിലും മദ്യം കുടിച്ച് അതിൽ നിന്നുണ്ടായതായിരുന്നു ആ സംസ്കാരം പിന്നെ അത് പാപം എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം എന്താണ് അത് പാപം ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ഈ സംഗതി ഈ പാപം എന്ന് പറയുന്ന നമ്മുടെ ഈ ഉള്ളില് ഈ അന്ധകർണത്തിലിരിക്കുന്ന ഈ പാപകർമ്മത്തെ എന്തെയ്യുന്നു ഈ നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോ ആ നിത്യകർമ്മങ്ങളിൽ നിന്ന് പുണ്യുണ്ടാവും പുണ്യുണ്ടായിട്ട് ആ പുണ്യം എന്ത് ചെയ്യും ഈ പാപത്തെ നശിപ്പിക്കും നശി നശിപ്പിക്കുമ്പോഴാണ് എന്ത് പറയുന്നത് ചിത്തശുദ്ധിയുണ്ടെന്ന് പറയും ചിത്തശുദ്ധി എന്ന് പറയുന്ന അതാണ് അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാവുന്നതുവരെ കർമ്മം ചെയ്യുന്നതാണ് ചെയ്താ മതിയെന്നാണ് ഇവിടെ പറഞ്ഞത് ചുദ്ധിശുദ്ധി വന്നു കഴിഞ്ഞ പിന്നെ കർമ്മം ചെയ്യേണ്ട കാര്യം ഇല്ല അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്ത് പുണ്യകർമ്മം ഉണ്ടാക്കി ആ പുണ്യകർമ്മം കൊണ്ട് ഈ പാപത്തെ നശിപ്പിച്ച് കഴിഞ്ഞ പിന്നെ അവിടെ പാപില്ല പിന്നെ അവൻ പാപം ചെയ്യത്തില്ല പിന്നെ അവന് കർമ്മത്തിന്റെ ആവശ്യം ഇല്ല അപ്പൊ അവൻ എന്തുണ്ടാവും ഈ വിധിഷണ്ടാവും ബ്രഹ്മ തത്വത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പൊ അവൻ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കും ഇതാണ് ഈ പറഞ്ഞു വരുന്നത് നിത്യകർമ്മങ്ങളാണ് ഇവിടെ എന്ത് കർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് നിത്യം ആ നിത്യകർമ്മങ്ങളില് എന്താണ് നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങളും എല്ലാം യജ്ഞാദികർമ്മങ്ങളും പറയും യജ്ഞോദാന തപസ് ചെയ്ത്യാജ്യം കാര്യമേവജ്ഞാനം തപസ് ഇതൊന്നും ഉപേക്ഷിക്കുമ്പോഴില്ല അതൊക്കെ എന്താണ് ചെയ്യണം എന്തുകൊണ്ട് യജ്ഞദാന തപശൈവ് പാവനാനി മനുഷ്യൻ അതൊക്കെ മനുഷ്യരെ ശുദ്ധമാക്കുന്നതാണ് എവിടെ പറഞ്ഞിരിക്കുന്നത് മറന്നോ മറന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും മനസിലായ പിന്നെ ഒരു കാര്യം ഈ പാപം അന്ധക്കരണത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ പാപം ഇരിക്കുക അതുകൊണ്ട് പാപ പ്രവൃത്തി ചെയ്യുക എന്നൊക്കെ പറയുന്നത് പഴയ ദർശനങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇതൊക്കെ പുണ്യപാപ സങ്കല്പത്തിൽ നിന്നുണ്ടായതാണ് മനസിലായ പണ്ടത്തെ ശാസ്ത്രത്തിന്റെ അടിത്തറയുണ്ട് ഇതിന് ഇന്നത്തെ ശാസ്ത്രത്തിന് അടിത്തറയൊന്നുമില്ല ഇതിന് ഇന്നത്തെ ശാസ്ത്രത്തിന് ഇതിനൊന്നും അംഗീകരിക്കാനേ പറ്റത്തില്ല എന്തുകൊണ്ട് പഴയ കാര്യങ്ങളായി പറയുന്ന ഇന്ന് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് ഇരിക്കരുത് എന്തുകൊണ്ടാണ് അങ്ങനെ അന്ധകരണത്തിൽ പാവം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്ന പറയുന്നതിന് ഇന്ന് ഇന്ന് അത് ശരിയല്ല ആയ എവിഡൻസ് ഒന്നും സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അപ്പൊ പാവം ഇല്ലേ മനുഷ്യന് ഉണ്ട് പാവം ചെയ്യുക ചെയ്യും പാപം ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും നല്ല പ്രവർത്തിക്കാൻ പറ്റും പറ്റും അതൊക്കെ ശരിയാണ് പക്ഷെ പാപ പുണ്യ സങ്കല്പങ്ങൾ അടിസ്ഥാനപരമായി തെറ്റാണ് എന്തുകൊണ്ട് പഴയതായൊണ്ട് തെറ്റാവണ അത് ശരിയാണ് അതിന് തെളിവില്ല എന്തുകൊണ്ടാണ് അതായത് നമ്മൾ നമ്മുടെ ഉള്ളില് ഈ പാപം പുണ്യൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മൾക്ക് കിട്ടുന്നതാണ് മനസിലായോ നമ്മുടെ മാതാവിൽ നിന്നും ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിതാവിൽ നിന്നും ഇരുപത്തിമൂന്ന് വെച്ചാൽ ഇരുപത്തിമൂന്ന് ജോലി നാപ്പത്തിനാലാണ് മനസിലായോ അങ്ങനെ പുരുഷന്മാരിൽ ഇരിക്കുന്ന എക്സെക്സ് ക്രോമസോമാണ് സ്ത്രീകളിലിരിക്കുന്ന പുരുഷന്മാരി എക്സ് വൈ ക്രോമസോം ഇപ്പൊ ഈ ക്രോമസോമുകൾക്കുള്ളിൽ ഇരിക്കുന്നതാണെന്ത് ഡി എൻ എ ആ ഡി എൻ എക്കുള്ളിൽ ഇരിക്കുന്നതാണ് ഈ ജീനുകളാണ് ഇതിനെല്ലാം കാരണം എനിക്ക് പെട്ടന്ന് പെട്ടെന്ന് കോപം വരുന്നത് എന്താ കാരണം കോപത്തിന്റെ ജീനുള്ളിലിരിക്കുന്നു കാമുണ്ടാകും എന്താണ് കാരണം കാമത്തിന്റെ ജീന നിരാശ വിഷാദം ഉണ്ടാകുന്നു എന്താ കാരണം ചീനാണ് കാരണം അത് എവിടെ ആയിരിക്കുന്നത് ഏ നമ്മുടെ ഈ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന കോശങ്ങൾക്ക് ഉള്ളിലിരിക്കുന്ന അടിയന്മകളുടെ ഭാഗമായിരിക്കുന്ന ജീനനാണ് അതൊക്കെ ഇരിക്കുന്നത് അതിനെന്തുമായിട്ട് ബന്ധമില്ല അതിന് മനസ്സുമായിട്ട് ബന്ധമൊന്നുമില്ല ഇതൊക്കെ ഈ ഭൗതികമായ ശരീരത്തിൽ ഇരിക്കുന്നു മനസ്സിലാ എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ഈ മാംസമയമായ ഈ ശരീരത്തിന് ാണ് ഡി എൻ നിറയിരിക്കുന്ന മുഴുവൻ നമ്മുടെ തലമുടിയിൽ വരെ ഉണ്ട് അതാണ് എന്താണ് പോലീസുകാരൊക്കെ ഡി എൻ എ ടെസ്റ്റ് കിടത്തില്ലേ അവർക്ക് ഒരു മുടിയുടെ കഷണം കിട്ടിയാ മതി എന്തുകൊണ്ട് അതിനകത്ത് കൊണ്ട് അടിക്കണ്ട എല്ലായിടത്തും ഉണ്ട് തൊലി ശകലം തൊലിയിൽ നിന്ന് ഇളകി പോകുന്ന ആ ശൽക്കം വന്ന് അതിനകത്ത് കൊണ്ടടിക്കണ്ട അത്ര സൂക്ഷ്മമാണ് അതിനകത്തിരിക്കുന്ന ജീനാണ് എന്ത് ചെയ്യുന്നത് ീ പറയുന്ന എല്ലാത്തിനും കാരണമായിരിക്കുന്നു അതിന് മാത്രമല്ല നമ്മുടെ തൊലി എന്തുകൊണ്ടിങ്ങനെയിരിക്കുന്നു നമ്മുടെ കൈ കാലുകൾ വിരലുകൾ മൂക്ക് നാക്ക് തലമുടി ഈ രൂപം ഇതിന്റെ കളറ് ഇതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു വേറെ രീതിയിൽ എന്തുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ എന്താണ് കാരണം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഈ ക്രോമോസോമുകൾക്കുള്ള ഡി എൻ ഭാഗമായിരിക്കുന്ന ജീവനുകൾക്കാണ് ഇതിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം എന്റെ തൊലി ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്താണ് കാരണം എന്റെ ജീനാണ് അല്ലാതെ എന്റെ മനസ്സെന്ന് പറയുന്നതിനകത്ത് സംസ്കാരം എന്ന് പറയുന്ന ഒന്ന് വരുന്നിട്ടല്ല ഇതൊക്കെ പഴയ മനസ്സിൽ പുണ്യവും ഭാവവും വരുന്നിട്ടല്ല അപ്പൊ ഈ പുണ്യവും ഭാവമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ രോമങ്ങളിൽ പോലും എന്തുണ്ട് പുണ്യവും പാവും എരിപ്പുണ്ട് നമ്മുടെ തൊലിയിൽ പോലും എരിപ്പുണ്ട് എവിടെയൊക്കെ അടിയന്യുണ്ടോ അവിടെയൊക്കെ ഇരിപ്പുണ്ട് ഈ പറയുന്നതെല്ലാം അങ്ങനെ പുണ്യവും പാവവും പറയുന്നത് എന്താണ് ജീരൻ്റെ അകത്തിരിക്കുന്ന പദാർത്ഥങ്ങളാണ് പ്രോട്ടീനും പ്രോട്ടീനും മറ്റു രാസവസ്തുക്കളും അതാണ് ഇതിന് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാൽ മാത്രമല്ല മറ്റൊന്നുകൂടെ ഉണ്ട് എന്താണ് നമ്മുടെ ഈ ശരീരത്തിന്റെ ഇത് മാത്രമല്ല നമ്മുടെ സ്വഭാവവിശേഷങ്ങളെപ്പോലും പൂർണമായും നിയന്ത്രിക്കുന്നു ഒരാള് സ്വാർത്ഥനായിരിക്കുന്നു അല്ലെങ്കിൽ പരോപകാരിയായിരിക്കുന്നു ഇതുപോലും എന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ പ്രധാനമായ കാരണം നമ്മുടെ ജീനുകളാണ് അല്ലാതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പുണ്യവിഭാഗം വരുന്നിട്ടല്ല ഒരാൾ ഉദാഹരണായിരിക്കുന്നു ഒരാൾ പറഞ്ഞ പിശുക്കനായിരിക്കുന്നു എന്താണ് ജീനാണ് ഇതിനൊക്കെ കാരണം പ്രധാന കാരണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയും ഇത് നമ്മുടെ ഈ സ്വഭാവങ്ങളെയൊക്കെ രൂപീകരിക്കുന്നതിൽ നമ്മുടെ ജീനുകൾക്കൊരു പങ്കുള്ളതുപോലെ തന്നെ നമ്മൾ വളർന്നു സാഹചര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ജനിച്ച നമ്മുടെ ചുറ്റുമുള്ള സമൂഹം എന്തിന് ഈ സൂര്യന്റെ പ്രകാശം പോലും പങ്കുവഹിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് സ്വാധീനിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന യു വി റേസ് പോലും നമ്മുടെ ജീവനുമായിട്ട് പ്രവർത്തനം നടത്തുന്നവ സ്വഭാവത്തിന് പൂർണമായും ഉത്തരവാദിത്തം ചെയ്യണമെന്നുള്ള എല്ലാ ജീവനിച്ചെന്ത് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു അതിന് മാറ്റം സംഭവിക്കുന്നു ഒരേ ഇരിക്കത്തില്ല ചില ഭാഗങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു ചിലത് ഉണർന്നിരിക്കുന്നു ീ ഉറപ്പും ഉണർവുമൊക്കെ എന്നുവെച്ചാൽ ചിലത് പ്രവർത്തനക്ഷമമാകും ചിലത് പ്രവർത്തനക്ഷമമാകത്തില്ല ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ അതിനാണ് നെർച്ചർ എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്ത് നമ്മളെ വളർത്തിക്കൊണ്ടു വരുന്നു നമ്മൾ വളരുന്നതും എല്ലാം ഇപ്പം നമ്മുടെ ഹൈറ്റ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് തീരുമാനിക്കുക നമ്മുടെ ജീവനാണ് എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പൊക്കം എൻ്റെ എന്റെ അച്ഛന് ഇത്ര പൊക്കമേ ഉള്ളൂ എനിക്കും ആ പൊക്കമേ ഉള്ളു അപ്പൊ ആ ജീനാണ് അച്ഛൻ്റെ ക്രോമസോമിൽ നിന്ന് എന്റെ ശരീരത്തിൽ നിന്ന് ആ ഡി എൻ എക്കുള്ളിലുന്ന ജീനാണിത് പറയുന്നു കുട്ടിക്കാലത്ത് എനിക്ക് ശരിക്കുറക്കാൻ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉറക്കം കുറഞ്ഞാൽ എന്റെ പൊക്കവും കുറയുന്നു ജീനിനെ കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നു കാരണം ജീനി മ്യൂട്ടേഷൻ വരും ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അപ്പൊ പ്രധാനമായും ചെയ്യാനാണ് ഇതെല്ലാം പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഇവിടെ പറയുന്ന എന്താണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സ്വഭാവത്തിന് വ്യത്യാസം വരും വരും അത് വരും അത് ഈ പാപം നശിക്കുകയോ പുണ്യം ചെയ്യുന്നതല്ല നമ്മുടെ ഡി ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് അതിനെ നമ്മുടെ ചുറ്റുപാടുകൾ സ്വാധീനം നമ്മുടെ മനസ്സ് സ്വാധീനിക്കും അപ്പോ ഇപ്പോൾ ഒരാൾക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതിനെന്താണ് കാരണം അയാളുടെ ജീവന തന്നെയാണ് പക്ഷെ അയാൾ ബോധപൂർവ്വം ശ്രമിച്ചിട്ട് അയാളെ കോപത്തെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തു ചെയ്യുന്നു അയാളുടെ മനഃശാസ്ത്രം പങ്കുവഹിക്കുന്നുണ്ട് ഈ പറയുന്നത് ആശയപരമായ ശരി തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിന് വലിയ പങ്കു വഹിക്കുന്നുണ്ട് അപ്പോ മോശം പ്രവണതകളെ മാറ്റി നല്ലതാക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ലതിനെ മാറ്റി മോശമാക്കുകയും ചെയ്യും പക്ഷെ അടിസ്ഥാനപരമായി പങ്കുവഹിക്കുന്നത് പുണ്യം പാപമല്ല അങ്ങനെ ഒരു സാധനമേ ഇല്ല അന്ധക്കരണത്തിലിരിക്കുന്ന പുണ്യം പാപം എന്ന് പറയുന്ന ഒരു സാധനം ഒരു അന്ധവിശ്വാസമാണ് മറിച്ച് എന്താണ് ഡി എൻഡകൾ കൊണ്ടിരിക്കുന്ന ജീനാണ് സത്യം പിന്നെ പുണ്യഭാവം എന്നത് പറയുന്നത് എങ്ങനെ വന്നു അത് ഈ മീമാംസന്മാര് വിശ്വാസത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവര് കൽപ്പിച്ചെടുത്ത ഒരു അസംബന്ധമാണെന്താ ഈ പുണ്യവും ഭാവവും മനസിലായോ നിങ്ങളുടെ പ്രവൃത്തികൊണ്ട് നിങ്ങളുടെ ജീവനിലെന്തെങ്കിലും വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞാൽ ശരിയാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിന് മാറ്റം വരുത്തെന്ന് പറഞ്ഞാൽ ശരിയാണ് അതൊക്കെ സംഭവിക്കാം പക്ഷെ അവിടെ അന്ധകരണത്തിൽ പുണ്യം പാപങ്ങനെ രണ്ടും ഉണ്ടാകുന്നു എന്ന് പറയുന്ന അവരുടെ ആ കല്പന എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വിശ്വാസം പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്താണ് എന്താണ് വിശ്വാസ വിശ്വാസത്തിലൂടെ മനുഷ്യനെ ചൂഷണം ചെയ്യും അതാണ് എന്റെ ഏറ്റവും വലിയ ദോഷം എല്ലാ മതങ്ങളിലും അതിവിടെ മാത്രമല്ല ബ്രാഹ്മണരെന്ന് പറയാറ് ക്രിസ്ത മതമായാലും ഇസ്ലാം മതമായാലും അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ചവറന്നു വരാൻ എല്ലാത്തിനും എന്താ നടക്കുന്ന വിശ്വാസത്തിലൂടെ മനുഷ്യനെ ചൂഷണം ചെയ്യുക ചെയ്യും പേടിപ്പിക്കും പേടിപ്പിച്ചിട്ട് ആ മത എന്തോ മനുഷ്യരെ പേടിപ്പിച്ചിട്ട് അവരെ വഴിക്ക് നടത്തിക്കും ഏത് മതപുരോഹിതനായാലും ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പോപ്പായാലും കാന്തപുരം സച്ചിദാനന്ദ സ്വാമി എല്ലാവരും ചെയ്യുന്നത് എന്താണോ ഒരേ തട്ടിപ്പാണ് ശ്യാംകുമാർ എവിടെ ചവിട്ടുന്ന മോളിലാണ് ഈ അത് അത് പുള്ളി പറയുന്ന കാര്യം മുഴുവൻ ശരിയാ പറയുന്നത് കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷെ ആ പറഞ്ഞൊരു പ്രശ്നമുണ്ട് അതിനകത്ത് കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ ഹിന്ദു മതത്തിൽ ഒരുപാട് കോരായ്മകളുണ്ട് എന്താണ് പ്രധാനമായിട്ടും ജാതീയമായ പ്രശ്നങ്ങൾ അപ്പോൾ ഒരുപാട് അവസരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു കുറെ പേര് ഇന്നും അനുഭവിക്കുന്നുണ്ട് വിവേചനം നേരം എല്ലാം അതുകൊണ്ട് ഹിന്ദുമതത്തിൽ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് മറ്റു മതങ്ങളോട് ഒരു വിധേയത്വം പാലിച്ചുകൊണ്ടായിരിക്കരുത് ഹിന്ദു മതത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ മറ്റേ മറ്റേതെ നല്ലതാണ് ആ രീതിയിലായിരിക്കുന്നത് ഇതേ പ്രശ്നങ്ങൾ എന്തുണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും തുല്യമായി കണ്ടുതന്നെ വിമർശിക്കുന്നു അത് സ്വാഭാവികമായിട്ടും പുള്ളി ആ പുള്ളി പറയുന്നേക്കുന്ന പുള്ളി മത വിവേചനം ജാതി വിവേചനം അനുഭവിച്ചത് കൊണ്ട് പുള്ളി അതിനെ കുറിച്ച് പറയുന്നു പക്ഷെ അത് പറയുമ്പോൾ മറ്റു മതങ്ങളോടുള്ള നിലപാടെന്തായിരിക്കും മറ്റു മതങ്ങളോട് എന്ത് നിലപാടെടുക്കണം അപ്പോ മറ്റു മതങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല കാരണം ഇസ്ലാം മതത്തിന് ഒരുപാട് വിവേചനമുണ്ട് എന്ന് വെച്ചാൽ അതിനകത്തോണ്ട് ഈ ജാതിഭേദം അതിന് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ കേരളത്തില് ജാതി വിവേചനം കുറവാണ് പക്ഷെ വടക്കേന്ത്യ ചെന്ന ഇന്നും വളരെ രൂക്ഷമായിട്ടുണ്ട് ഇതേ ജാതി വിവേചനം വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളും അനുഭവിക്കുകയാണ് അതിലും മുസ്ലിങ്ങളുടെ സവർണന്മാരും മേൽജാതിക്കാരും പല വിഭാഗങ്ങൾ അതിനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറയുന്നു വേറെ എന്തെങ്കിലും ആണോ അവർ പിന്നെ തോന്നുന്നു അപ്പോ അത് പറയുമ്പോഴത്തേക്ക് ഇവിടെ മാത്രമേ പ്രശ്നമുള്ളൂ അവരെ ഒന്നും കുറ്റം പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് അത് എന്താണ് അതിന് ഇനി എന്തെങ്കിലും അവരുമായിട്ടൊരു ഇതാണോ അപ്പൊ ഇവരമ്പറെ വോട്ട് പിടിച്ചിരിക്കുന്നു അമ്പത്തുകർ മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അത് പറയുന്നില്ലല്ലോ സാഹോദര്യം മുസ്ലിങ്ങൾക്കുണ്ട് പക്ഷേ അമ്പത്തിനും മുസ്ലിങ്ങളുടെ സഹോദര്യം അവർക്കുള്ളിലേ ഉള്ളൂ മറ്റുള്ളവർമാർക്ക് അവർക്ക് സാഹചര്യം സൗഹര്യം ഇല്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവർ എന്താണ് ഇത് കൊടുക്കാതെ ഒരു ഭാഗത്ത് മാത്രം വിമർശനം നടത്തുമ്പോഴത്തേക്ക് അതിന് എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും മാത്രമേ ഉള്ളൂ പ്രശ്നം അപ്പോ അവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോ ഇങ്ങനെയായിരിക്കും എന്താണോ ചില ഈ ഇസ്ലാം വിമർശകരുണ്ട് അവർ എക്സ് മുസ്ലിംസ് എന്ന് പറയാം അവർ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഹിന്ദുക്കളെ വിമർശിക്കത്തില്ല കാരണം അവർക്ക് ഹിന്ദുക്കളിൽ നിന്നൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുകയാണ് ഏഹ് അപ്പത് ഇസ്ലാമിന് സപ്പോർട്ടില്ലല്ലോ അപ്പൊ ഹിന്ദുക്കളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ മുറിശിക്കായിരിക്കും ഇപ്പൊ ഇസ്ലാമിനെ മാത്രം മുർശിക്കും അതുപോലെ ഈ ഹിന്ദുക്കളെ വിമർശിക്കുന്നവര് ഇസ്ലാമിൽ നിന്നൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ മർശിക്കത്തില്ല ആരോ എങ്ങനെ എങ്ങനെ മുദ്രിച്ച് അടിച്ച എവിടെ വെച്ച് അങ്ങനെയാണെങ്കിൽ ന്യൂസിൽ വരത്തില്ലേ രഹസ്യമായിരിക്കും വെറുതെ കാരണം പുള്ളിയെ അങ്ങനെ ദേവോപത് രോപിച്ചു കഴിഞ്ഞാൽ അത് ന്യൂസ് വരും അങ്ങനെ ഒരു സംഭവം നടന്നുകഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ ന്യൂസ് വരികയും ഇവിടെ വലിയ ബേളം നടക്കത്തില്ലേ ഇവിടെ എത്രയോ ദളിത് സംഘടനകളുണ്ട് അവരൊക്കെ വെറുതെ ഇരിക്കുമോ വെറുതെ അത് അതൊക്കെ പൊങ്ങച്ചം പറയുന്നതാണ് അങ്ങനെ എന്താണ് അത് ഒരിക്കൽ എന്താണ് നമ്മുടെ യമ്മിന്റെ അനുയായികൾ എന്നോട് പറഞ്ഞാണ് എമ്മിനെ വടക്കേന്ത്യയുടെ കൂടി ആടിച്ച് ശരിയാക്കി മരണമാക്കി അങ്ങ് കളഞ്ഞു കുറച്ചുകൂടി വേണം വീണ്ടും പഴയതുപോലെ കഴിഞ്ഞു പോയി പൊക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലാതെ അല്ലാതെ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമായിരിക്കില്ല അത് വലിയ പരസ്യമാവും അത് കേസ് ഉണ്ടാവും അടികൊണ്ടിട്ട് അയാൾ വെറുകേ പോകും അയാൾ പോലീസ് പരാതി കൊടുക്കത്തില്ലേ എഫ്ഐആർ ഉണ്ടാകത്തില്ലേ എല്ലാ മാധ്യമങ്ങളും വാർത്തയാകത്തില്ലേ അയാള് എല്ലാ ചാനലുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ലേ അറിയുന്നു പറയുന്ന കേട്ടോ അത് തന്നെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണം രഹസ്യമായിട്ട് എവിടെങ്കിലും വെച്ചിങ്ങനെ ഒന്ന് തോണ്ടിയിട്ട് പോയാൽ അത്രേയുള്ളൂ ില്ല പരിപാടി അയാളുടെ ആശയം ശരിയാണോ നിങ്ങളെ പിന്നെ വിമർശനം ചെയ്യുന്നുണ്ട് നിങ്ങള് എന്താ പറഞ്ഞിട്ടുണ്ട് ആഹ് ാണ് പഠിച്ചിട്ടാ പറയുന്നത് ഒരുപാട് കാര്യങ്ങള് അപ്പോ പഠിച്ചിട്ട് പറയുമ്പോ അതെല്ലാം അങ്ങനെ ഒരു വിമർശനം പിന്നെ പുള്ളി ഉദ്ദേശിക്കുന്നത് ഹിന്ദുമത വിമർശനമാണ് വേറെ ഒന്നും വിമർശിക്കുന്നില്ല എന്നൊരു നിലപാടായിരിക്കും എടുക്കുന്ന അത് ദോഷം ചെയ്യും വിമർശിച്ച ഒരുപോലെ എന്നാ ക്രിസ്തു ക്രിസ്ത്യാനികളെ പുള്ളി വിമർശിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ വിമർശിക്കുന്നുണ്ട് ഇപ്പൊ കാസ അങ്ങനെ പുള്ളി വിമർശിക്കുന്നുണ്ട് എന്നാ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കില്ല അത് മതരാഷ്ട്രവാദികളാണ് അവരെ കുറിച്ചൊന്നും പറയില്ല എന്നാ ക്രിസ്ത്യാനികളെ വിമർശിക്കുന്നു ഏ എത്ര പേര് എക്സ് മുസ്ലിംസ് ആ കാലം പോയല്ലോ ഇപ്പൊ മുസ്ലിങ്ങളെത്ര പേര് മറിശ അങ്ങനെയാണെങ്കി അത് പറയണമല്ലോ അങ്ങനെയാണെങ്കിൽ പറയണോ ഞാൻ മർശിക്കാത്തത് എന്റെ ജീവനെ പേടിച്ചാണെന്ന് പറയണു അങ്ങനെയാണ് പറയുന്നത് മുസ്ലിങ്ങളെ മർശിച്ച എന്റെ തല പോവാതുകൊണ്ടാണ് ഇവിടെ അതുപോട്ടെ ഇവിടെ എന്താണെന്ന് മനസ്സെന്ന് പറയുന്നത് ഒരു എന്താണ് പഴയകാലത്ത് മനസ്സിനെ കണക്കാക്കിയിരുന്ന ഒരു ഭൗതിക വസ്തുവാണ് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന മനസ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്താണെന്ന് അവർക്ക് വ്യക്തമായി പിടികിട്ടുന്നില്ല ആധുനിക ശാസ്ത്രത്തിൽ അപ്പൊ അവര് പറയുന്നത് എന്താണ് എന്തായാലും ഒരു വസ്തുവല്ല അതൊരു ഒരു പ്രതിഭാസം മനസ്സെന്നു പറയുന്ന ഒരു പ്രതിഭാസമാണ് അത് മറ്റ് ഭൗതിക വസ്തുക്കളെ പോലെ വസ്തുവ ഒരു ഭൗതിക വസ്തുവല്ല അതുകൊണ്ട് അതിനപ്പുറം മനസ്സിനെ കുറിച്ച് പറയാനുള്ള അറിവ് ഈ ഭൗതിക ശാസ്ത്രം ആ രീതിയിൽ വളർന്നിട്ടുണ്ട് അതൊരു പദാർത്ഥമല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് സംസ്കാരമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല പൊതുവെ പരിസരം കുറിച്ച് പറയുന്ന ഒരു പ്രധാനമായൊരു എമർജിങ് പ്രോപ്പർട്ടി എന്നാണ് ഭൗതിക ന്യൂറോ സയൻസിനും മറ്റും കുറച്ചുപേര് പറയുന്നു എല്ലാവരും പറയുന്നല്ല എല്ലാവരും സമ്മതിച്ച ഒരു ആശയം ഭൗതിക ശാസ്ത്ര മനസ്സിനുണ്ടായിട്ട് എമർജിംഗ് പ്രോപ്പർട്ടി വെച്ചാൽ അതിൽ നിന്ന് എന്താണ് ിൽ നിന്ന് രൂപപ്പെടുന്ന ഒന്ന് രൂപാന്തരപ്പെടുന്ന ഒന്ന് എന്നാ അതൊരു ഭൗതിക വസ്തുവല്ല ഇപ്പോ അതിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പൊ ഈ ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ ഈ മേശ എടുത്തു കഴിഞ്ഞാൽ അതിനെ മുറിച്ച് മുറിച്ച് ഛേദിച്ച് ചേതിച്ച് ചേതിച്ച് ചേതിച്ച് ആറ്റം ചെന്ന് അതിനേയും ഛേദിച്ച് അതിന്റെയും പോയി അതിനെ കോർക്കളായി അതിൻ്റെയും പിന്നിൽ പോയി ഊർജം വരെ അങ്ങനെ പഠിക്കാം അങ്ങനെ പഠിക്കാം പക്ഷെ മനസ്സിനെ അങ്ങനെ ഛേദിച്ച് പഠിക്കാൻ പറ്റില്ല മുറിച്ച് മുറിച്ച് മനസ്സിനെ പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മനസ്സങ്ങനെ ഒരു ഭൗതിക വസ്തുവല്ല അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സങ്കീർണമാവും മനസ്സിനെക്കുറിച്ച് ശരിക്കും അറിയില്ല എന്ന് പറയുന്നതാണ് ആധുനിക സയൻസിന്റെ സംബന്ധിച്ചുള്ള ശരിയായ നിലപാട് അറിയാന്നൊക്കെ ചിലര് പറയും അത് കാര്യമില്ല അത് ഞങ്ങള് പറയുന്ന കൃത്യമായി അറിയില്ല എന്തായാലും മുറിച്ച് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിന് മറ്റൊന്നിരിക്കുന്നു പറയുന്നതിന് അർത്ഥമില്ല അപ്പോ പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ ഓരോ സ്വഭാവവിശ വിശേഷത്തിനും കാരണമായിരിക്കുന്ന ജീനുകളെ മനുഷ്യർ കണ്ടെത്തി കഴിഞ്ഞു നിങ്ങളുടെ ഡി എൻ എയിലെ ഇന്ന ജീനാണ് നിങ്ങൾക്ക് കോപം ഉണ്ടാക്കുന്നത് കാമം ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തി മനുഷ്യൻ മനസ്സിലായി അതിന് പേര് പൊട്ടു കഴിഞ്ഞു ഇന്നതാണ് അതിന്റെ പേര് അതിന് എന്താണ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ ജീനുകളിൽ അതിസൂക്ഷ്മമായ ജീനിന് മാറ്റം വരുത്തുന്നതിനാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ജീൻ എഡിറ്റിംഗ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും എന്ന അവസ്ഥയിൽ വരെ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചുകഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ആ ജീനിനെ കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നാളെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പറ്റും പത്തോ രൂപ എടുത്താൽ നമ്മുടെ ജീൻ നമുക്ക് പഠിക്കാൻ പറ്റും ഓൺലൈനിൽ എന്താണ് ബുക്ക് ചെയ്താൽ വന്ന് നമ്മുടെ നമുക്ക് അവരൊരു കിറ്റ് തരും ആ കിറ്റ് കൊണ്ട് നമ്മുടെ വായിൽ നിന്നോ ഒമിനീരടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ സർവ്വ ഡീറ്റെയിൽസും തരും നമ്മുടെ പൂർവികന്മാർ എവിടെ നിന്ന് വന്നു ഇറാനിൽ നിന്ന് വന്നു അത് ആഫ്രിക്കയിന്ന് വന്നോ സർവ്വ വിവരങ്ങളും കിട്ടും എന്തൊക്കെ രോഗം നമുക്ക് വരാൻ പറ്റും സാധ്യതയുണ്ട് അതെന്ന് പറയും പ്രത്യേകിച്ച് ക്യാൻസർ പോലെയാണ് അത്ര വിശദമായി ജീവനെ കുറിച്ച് മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു അപ്പോ ഇന്ന സ്വഭാവവിശേഷങ്ങൾക്ക് ഇന്നതാണ് കാരണം എന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോ അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മനസ്സിലിരിക്കുന്ന സംസ്കാരം എന്ന് അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസംബന്ധമാണ് ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ ഡോക്ടർ വലിയ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ ഡോക്ടർമാരോടൊക്കെ അവര് മെസ്സേജ് ഇട്ടു ഞാൻ ആത്മഹത്യ ചെയ്യാൻ അപ്പം പശ്ചാത്തല രാജ്യങ്ങളിൽ ആരും തന്നെ ആത്മഹത്യക്ക് പോയത് മലയാളികളാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്ന വാർത്ത അങ്ങനെയൊന്നും ലോകത്തെല്ലായിടത്തും ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് മലയാളികൾ കൂടുതലൊന്നും പിന്നെ ഈ വാ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇവിടത്തെ ആത്മഹത്യ നമ്മളറിയുന്നുള്ളു മലയാളത്തിലെ ചാനലുകളും ന്യൂസും ഒക്കെയാണ് നമ്മൾ വായിക്കുന്നത് അപ്പം നമ്മൾ കൂടുതലും അറിയുന്നത് ഇവിടുത്തെ ആത്മഹത്യയാണ് ലോകത്ത് കിടക്കുന്ന ആത്മഹത്യ നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേയുള്ളൂ ആത്മഹത്യകൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നു പിന്നെ ഇവിടെ ജനങ്ങൾ കൂടുതലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ത്യയിലല്ലേ അപ്പോൾ ഇവിടെ കൂടുതൽ ആത്മഹത്യ നടക്കുന്നു എന്ന് പറയുന്നത് മറ്റിടത്തൊക്കെ ജനങ്ങൾ കൂടുതലല്ലേ കുറവല്ലേ അവിടെ ആത്മഹത്യ കുറവായിരിക്കും അല്ല അങ്ങനെ ആത്മഹത്യ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അതൊന്നും പറയാൻ പറ്റില്ല ഡോക്ടർമാരൊക്കെ ശ്രമിച്ചിട്ടും അത് തന്നെ അതിൽ ഒരു പ്രധാനമായ കാരണം അവരുടെ ജീവനായിരിക്കും ഡിപ്രഷൻ വന്നു ഡിപ്രഷന് കാരണമായ ജീവനെ കണ്ടെത്തിയിട്ടുണ്ട് ആ ഡിപ്രഷൻ വന്നു കഴിഞ്ഞ ക്രമേണ ആത്മഹത്യയിലേക്ക് അത് ക്രമേണ വന്നു വന്നു വന്ന് അവർക്ക് ജീവിതം അർത്ഥശൂന്യമാണെന്ന് തോന്നുന്നു ജീവിതത്തിൽ കാര്യമില്ലാന്ന് പറഞ്ഞത് സന്യാസത്തിന് പോകുന്ന ഡിപ്രഷനുള്ളതുകൊണ്ടാണ് സന്യാസത്തിലേക്ക് വന്ന് എങ്ങനെയാ ഡിപ്രഷനുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നത് ജീവിതത്തിൽ ഏതോ ഒരു സമയത്തൊരു ഡിപ്രഷൻ പോകുന്നു അപ്പൊ കണ്ട ഒരു വഴിയാണെന്താ സന്യാസം ചിലര് സന്യാസത്തിന് പോകുന്നതിൽ ഓരോന്തു ചെയ്യും പോയി ആത്മഹത്യ ഇത്രേയുള്ളൂ എത്രയോ സന്യാസി ആത്മഹത്യ ചെയ്തിരിക്കുന്നു വിശ്വ മാത്രം അതിനു വേറെ ഒരു ബ്രഹ്മചാരി ഉണ്ടാവും എന്താണ് അവന്റെ പേര് ഒറ്റ ആത്മഹത്യ ചെയ്തു ആ എത്ര പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ ആ ഡിപ്രഷനുള്ള ആശ്രമത്തി ഒന്ന് സന്യാസി സ്വീകരിച്ചു അതൊക്കെ വിവരമില്ലാത്ത വൈദ്യന്മാര് പറയുന്ന അവര് പറയാ കിടക്കരുത് അല്ല ആ അഭിപ്രായങ്ങൾ കേട്ട അപ്പൊ തന്നെ കളയണം വിവര കേടാണെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത് സന്യാസിമാർക്കല്ലേ അറിയാം അത്ര പേര് കെട്ടിത്തൂങ്ങി സന്യാസിമാരെ ഞാൻ കണ്ടിരിക്കുന്നു അപ്പൊ ഡിപ്രഷനുള്ളവര് സന്യാസത്തിലേക്ക് തിരിഞ്ഞ ചിലര് ഈ പറഞ്ഞല്ലേ നർച്ചർ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആ ഡിപ്രഷനിൽ നിന്ന് ഒരാൾ കരകയറിക്കഴിഞ്ഞ ആള് ആത്മഹത്യ ചെയ്തില്ല അല്ലെങ്കിൽ എന്തു ചെയ്യും ആത്മഹത്യ ചെയ്യാം ചെലപ്പോ ചെയ്യുന്നു ചിലപ്പോ അങ്ങനെ തോന്നും അങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് കേസുകളൊക്കെ ചിലപ്പോ അതിനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം പ്രശ്നങ്ങളും ക്രിമിനൽ കേസിലൊക്കെ പുടുങ്ങി അതൊക്കെ എതിരായി വരിക എന്നൊക്കെ വന്നു കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊരു സ്വഭാവമുള്ള ആളല്ല പൈറ്റീന്ന ആളാണ് എന്നാലും ചിലപ്പോ എന്താണ് പ്രയാസമാണെന്നുകൊണ്ട് ചില ആൾക്കാർ ആരും ആത്മഹത്യ ചെയ്യും ഏതൊരു വ്യക്തിയും ചെയ്യാം അങ്ങനെ സംഭവിക്കാം പക്ഷെ അതാണ് പറയുന്നത് നർച്ചർ നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഒരു വലിയ സ്വാധീനമുണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ജീനുണ്ടെങ്കിലും നമ്മൾ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും ഈ അന്ധകരണത്തിലിരിക്കുന്ന പാപം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ് അതൊന്നും ഇനി പണ്ട് പുരോഹിതന്മാർ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇന്നത് ചെയ്താൽ പുണ്യം കിട്ടും സ്വർഗ്ഗത്ത് പോവാം ഇന്നത് ചെയ്താൽ പാവം കിട്ടും നരകത്ത് പോവാം എന്ന് പറഞ്ഞു പറഞ്ഞു പറ്റിച്ചതാണ് അവര് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ തന്നെ ചെയ്ത ബ്രാഹ്മണനൊക്കെ ഒന്നു കഴിഞ്ഞാല് പാപാണ് വേറെ മനുഷ്യർക്കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ചെയ്ത ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് ആൾക്കാരെ പറ്റിച്ച് അതാണ് ഇന്നും ആൾക്കാർ പുണ്യം പാപം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവികൾക്കൊക്കെ മാറ്റം വരാം മനസ് ബുദ്ധി അങ്ങനെ പലതും അതിൽ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് മാറ്റിയെടുക്കണം വിഷാദമുള്ള സാമിയായി കഴിഞ്ഞാൽ ചിലപ്പോ അവൻ വേണ്ടത്ര എന്താണ് സെൽഫ് മാനേജ്മെന്റ് അവനെ തന്നെ മാനേജ് ചെയ്ത് വിഷാദത്തിൽ നിന്ന് അങ്ങനെ എത്രയോ പേര് വിഷാദം വരികയും അതിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്യുന്നുണ്ട് അത് അവന്റെ സെൽഫ് മാനേജ്മെന്റാണ് അവന് പുറത്തു കിടക്കാനുള്ള പലവഴി ചിലപ്പോൾ മെഡിസിൻ ഉപയോഗിക്കും മെഡിസിൻ ഉപയോഗിച്ചാലും നല്ലതാണ് അല്ലെങ്കിൽ അവൻ മറ്റു മാനസികമായ പരിശീലനങ്ങളിലൂടെ അവന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി അവന്റെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളെ മാറ്റി അവന്റെ കർമ്മങ്ങളെ മാറ്റി അവൻ വിഷാദത്തിൽ പുറത്തു കിടക്കും അതിനെയാണ് നർച്ചർ എന്ന് പറയുന്നത് ആ ഭാവമാണ് അപ്പൊ ജീനമുണ്ട് ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയല്ല എന്നാൽ അതൊരു കാരണമാണ് ചർച്ച ചെയ്ത് ബോധക്കീടൊക്കെ മാറ്റിത്തരികുന്ന് പറഞ്ഞില്ല അപ്പൊ എന്താ പറയുക നമുക്കൊരു ശരിക്കും ബോധതലത്തിൽ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ടത് ഉറപ്പിച്ചു മാറുന്നു തെറ്റിദ്ധാരണ കൊണ്ടാണ് പ്രശ്നം വരുന്നത് അങ്ങനെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നല്ല സൈക്കോതെറാപ്പി വേണ്ടി വരും നല്ല സൈക്കോതെറാപ്പി നല്ല ഒരു സൈക്കോ ആട്രിസ്റ്റിനെ കണ്ട് സൈക്കോ തെറാപ്പിയിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും മനഃശാസ്ത്ര ചികിത്സ അനാവശ്യമാണ് സ്വയം മാറ്റം പോയി അങ്ങനെ ഡിപ്രഷനൊക്കെ ഉള്ളവര് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സൈക്കോതെറാപ്പിസ്റ്റിനൊക്കെയാണത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റിയെടുക്കുക ഏറ്റവും നല്ല വഴി അതാണ് സൈക്കോതെറാപ്പിയാണ് മരുന്ന് കഴിക്കാതെ പക്ഷെ അത് സൈക്കോ തെറാപ്പിയെ വിജയിച്ചില്ലെങ്കിൽ അവർ പറയും മരുന്ന് കഴിക്കേണ്ടി വരും അങ്ങനെയും മാറ്റും പിന്നെ ആധ്യാത്മികമായ രീതിയിലും മാറാൻ പറ്റും പക്ഷെ അധ്യാത്മികം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ സ്വാമിമാർ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ സ്വാമിമാർ ഭയങ്കര അക്രമാസക്തരാകുന്നത് അതുകൊണ്ടാണല്ലോ സ്വാമിമാരെന്താണ് സർവ നിയന്ത്രണവും ഇട്ട് പെരുമാറുന്നത് അപ്പോ അത് അവർ ആത്മീയത ശ്രമിച്ചു നോക്കി അത് പരാജയപ്പെടുന്ന ആത്മീയത എന്ന് പറയുന്നതിന് ഒറ്റമൂല്യൊന്നുമല്ല ചിലടത്തത് വിജയിക്കും ചിലപ്പോ അത് പരാജയപ്പെടും എന്ത് അതൊക്കെ നല്ലതല്ല അല്ലെ ആത്മീയത വിജയിക്കുമെന്ന് പറയുന്നു അത് ആൾക്കാർക്ക് സമനില ഒരാ മനുഷ്യന് കിട്ടണ്ടേ കിട്ടിയാലേ പറ്റും അത് സമനില തന്ന് തള്ളവച്ച മാറ്റടയണന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ് ായി സദാസൃതി അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു നിശ്ചയത്തെക്കുറിച്ച് സൂചി ധീരതെന്ന് പറയുന്നത് ബുദ്ധി അല്ലാതെ ആൾക്കാർ ചീത്തു കളിക്കാനുള്ള ധൈര്യമുണ്ട് ബുദ്ധി കളി ആ അതായത് ആത്മശത നൂറ് പദ്യങ്ങളും ചൊല്ലി അല്ലെങ്കിൽ പഠിച്ച് അതിന്റെ ആശയം കൊടുക്കൊണ്ട് ധീരത അല്ലെങ്കിൽ അതിന് ദൃഢത വരിക ആത്മദേശം പഠിച്ച് ഒരാൾക്ക് എന്താണ് അതൊക്കെ മനസ്സിലാക്കി നല്ല ദടത്തൊക്കെ വരുമെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷെ അതൊന്നും ഗ്യാരണ്ടിയില്ല അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും ശരിയായ എന്താണ് അയാൾ ശരി കേട്ടോ എന്തോന്ന് സ്ഥിരപ്പറഞ്ഞത് എല്ലാ വഴിക്കും ഒരാൾക്ക് ശ്രമിക്കാം അയാളുടെ മനസ്സ് മനസ്സ് ശരിയാകാന്നുള്ളതാണ് മനസ്സ് ശരിയായ ആത്മോദേശം കൊണ്ട് ശരിയായ നല്ലത് ശരിയാവാത്തോണ്ടാണല്ലോ പല സമയം ആത്മഹത്യ ചെയ്യുന്നത് അത് വ്യക്തികൾക്കനുസരിച്ചിരിക്കും അതുകൊണ്ട് ശരിയായി ഗുണമെന്നൊന്നുമില്ല ർ�൚ൄ ർང ർས്ർོ ്ർང ൃོི ർས്ുང ൖ്ർ ർ ൖ്ർ േད ്ർེར ൘ིམ ്ർང ർད ്�བ ുབ ൄ ്ྵིའൃ ൖ�ང